ശ്രീ വെങ്കടരാമൻ അവർക്കും അനുഗ്രഹീതരായ ഗീതാശ്രോതാക്കൾക്കും പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആചാര്യനെ ജ്ഞാനയജ്ഞം കഴിഞ്ഞ ശേഷം കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ എന്താണ് എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഉപദേശിക്കപ്പെട്ട കാര്യങ്ങൾ അതിന്റെ അന്തസത്ത അനുഭൂതി നമ്മൾ സ്വയം ആവാഹിച്ചെടുക്കുക അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണം ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ ഒരാഴ്ചയായിട്ട് അദ്ദേഹം നമുക്ക് മുമ്പിൽ കാഴ്ചവെച്ച പല പദാർത്ഥങ്ങളുമുണ്ട് താത്വികമായിട്ട് അതിലെ പ്രധാനപ്പെട്ട ഏതാനും ചില അംശങ്ങളെ ഒന്ന് സ്മരിച്ച് ആ രീതിയിൽ അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു കൃതജ്ഞത ആയിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ ആണത് ചെയ്യുന്നത് കർമ്മയോഗ തത്വവിചാരം കൊച്ചി നിവാസികൾക്ക് കൂടി കിട്ടിയിരിക്കുന്നു ഇവിടെ ഇരിക്കുന്ന പലരും കർമ്മയോഗം ഇരുപത്തഞ്ചും മുപ്പതും പ്രാവശ്യം കേട്ടവരും പ്രസംഗിച്ചവരും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് എന്നാൽ വീണ്ടും നമ്മളിത് കേൾക്കാനിവിടെ വരുന്നു കാരണം ഇദ്ദേഹം തന്നെ പറയുകയുണ്ടായി നമ്മളിതൊക്കെ കേൾക്കുന്നത് പലപ്പോഴും പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെയാണ് പരീക്ഷ വരുമ്പോൾ ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കും പരീക്ഷ കഴിയുമ്പോൾ നമ്മളിതൊക്കെ സ്വാഭാവികമായിട്ടും മറന്നു പോകുന്നു പിന്നെ അടുത്ത പരീക്ഷ വരണം ഇത് ഓർക്കണമെങ്കിൽ എന്ന് മാത്രമല്ല ഇത് പറഞ്ഞ് പലിപ്പിക്കുക എന്ന് പറയുന്നത് ആചാര്യന്മാരെ സംബന്ധിച്ചും വളരെ ധർമ്മസങ്കടമുണ്ടാക്കുന്നൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു മോഷ്ടിക്കാൻ വരുന്ന കള്ളനെ തേള് കടിക്കുന്ന അവസ്ഥയാണ് ആചാര്യന്റേത് ഒച്ചയെടുക്കാനും വയ്യ പച്ചയെടുക്കാതെ ഇരിക്കാനും വയ്യ ഏതായാലും ഇദ്ദേഹം പച്ചയെടുക്കാൻ തന്നെ തീരുമാനിച്ചു കാരണം നമുക്കൊരു പ്രയോജനം കിട്ടാനായിട്ട് ഇദ്ദേഹം ഒച്ചയെടുത്തു ഒരാഴ്ച കർമ്മയോഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ കൃപ എന്ന് വേണം പറയാൻ എന്താണ് കർമ്മയോഗം എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഇദ്ദേഹം ചെയ്തത് എന്താണ് കർമ്മയോഗം അല്ലാത്തത് എന്ന് ചൂണ്ടിക്കാണിച്ചും കൊണ്ടായിരുന്നു സത്വേ നമുക്കൊരു വിചാരമുണ്ട് വളരെ തിരക്ക് പിടിച്ച് നെട്ടോട്ടം ഓടുന്ന ടെൻഷനടിച്ച് തലവേദനയുണ്ടാക്കി പിന്നെ തലവേദനയെ ശമിപ്പിച്ച് ഒരു ഇടപാടാണ് ഈ കർമ്മയോഗം തുടക്കത്തിലെ അദ്ദേഹം പറഞ്ഞു ഈ ജനസമൂഹം മുഴുവനും തലവേദന ചോദിച്ചു മേടിക്കുകയും പിന്നീട് ഗുളിക തലവേദന മാറ്റുകയും ചെയ്തു മാത്രം ശീലിച്ചിരിക്കുന്ന ഒരു ജനസമൂഹത്തിൽ തലവേദന എന്താണെന്ന് തീരെ അറിയാൻ പാടില്ലാത്ത ഒരാൾ വന്നുപെട്ടാൽ എങ്ങനെയിരിക്കും എന്ന് സ്വൽപ്പേരം ചിന്തിക്കാനായിട്ട് പറഞ്ഞപ്പോൾ എല്ലാവരെയും ചിരിച്ചു ചിരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മളൊക്കെ ചിരിക്കണു ഇത് നമ്മളുടെ സ്വന്തം കാര്യമാണ് ഈ പറയണത് നമ്മളെല്ലാവരും ശീലിച്ചിരിക്കുന്നത് തലവേദന ആദ്യം വരുത്തുക പിന്നെ ഗുളിക കഴിച്ച് തലവേദന മാറ്റുക ഈ തലവേദന വരാത്ത സ്ഥിതി എങ്ങനെ ഇരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു പ്രേരണയാണ് അദ്ദേഹം ഈ ഒരാഴ്ചയായിട്ട് നമുക്ക് തന്നത് തലവേദന തലവേദന അറിയാത്തയാളാണ് ഈ കർമ്മയോഗി എന്ന് പറയുന്ന ആള് വീണ്ടും അദ്ദേഹം തുടർന്നു കർമ്മയോഗം എന്ന് പറയുന്നത് നമ്മുടെ ലൌകികമായിട്ടുള്ള ജീവിതത്തിൽ നമ്മളെ കെട്ടിച്ചമയ്ക്കുന്ന എന്തെങ്കിലും കൃത്രിമത്വങ്ങളോ ശാസ്ത്രങ്ങളെ അവലംബിച്ചും കൊണ്ട് ചെയ്യുന്നവല്ല അഡ്ജസ്റ്റ്മെന്റ്സോ മറ്റോ സത്യം പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞു ലൌകിക ജീവിതം എന്ന് പറയുന്നത് ഭഗവത്ഗീതയിലെ ഒരു ചർച്ചാ വിഷയമേ അല്ല എന്നുള്ളത് വളരെ ധൈര്യമുള്ള ഒരാൾക്ക് മാത്രമേ ഇത്രത്തോളം തുറന്ന് ആ കാര്യം അടിക്കാൻ പറ്റുള്ളൂ സാധാരണ ആരും തുറന്ന് പറയാത്ത കാര്യമാണ് ലൌകിക കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭഗവത്ഗീതയിലെ ചർച്ചാ വിഷയമേ അല്ല എന്നുള്ളത് മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞു നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ചില അച്ചടക്കങ്ങൾ ചിട്ടകള് ബാഹ്യമായിട്ട് നമ്മളിൽ അടിച്ചേൽപ്പിക്കുകയോ പല ടെക്നിക്കുകളോ ധ്യാനമുറകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില ചിട്ടകളും അച്ചടക്കങ്ങളുമെല്ലാം നമ്മുടെ വ്യക്തിത്വത്തിൽ അടിച്ചേൽപ്പിക്കലല്ല കർമ്മയോഗം അമ്പലത്തിൽ നടയടച്ചിരിക്കുമ്പോൾ കുരങ്ങന്മാരൊക്കെ കയ്യും കെട്ടി വളരെ അച്ചടക്കത്തോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു ഈ അച്ചടക്കമെന്ന് പറയണത് ഈ കുരങ്ങന്മാരുടെ അച്ചടക്കം യഥാർത്ഥ അച്ചടക്കമല്ല നട തുറക്കുമ്പോൾ ഇറഞ്ഞുകിട്ടാൻ പോകുന്ന അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടിയുള്ള അച്ചടക്കമാണത് അതൊരിക്കലും കർമ്മയോഗം ആകില്ല എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം രണ്ടാമത്തെ ദിവസം മുതൽ യഥാർത്ഥ കർമ്മയോഗം എന്താണ് എന്നുള്ള വിഷയത്തിലേക്ക് കടന്നു നമുക്ക് വളരെയധികം പ്രയോജനം കിട്ടി കാരണം കർമ്മയോഗത്തെ ഏതൊക്കെ വശത്തിൽ കൂടി ഏതെല്ലാം ഡയമെൻഷനിൽ ഏതെല്ലാം മാനത്തിലൂടെ പടിപടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം ഏതൊക്കെ രീതികളിൽ നമുക്കതിനെ സമീപിക്കാൻ സാധിക്കും എന്നതിനെപ്പറ്റി വളരെ ശാസ്ത്രീയമായിട്ട് അദ്ദേഹം തുടങ്ങി ആദ്യമായിട്ട് പറഞ്ഞു കർമ്മയോഗത്തിന്റെ ആരംഭം തന്നെ നമ്മുടെ ശരീരത്തെ വ്യവഹാരത്തിനു വേണ്ടി എറിഞ്ഞുകൊടുക്കാൻ സാധിക്കുന്ന ഒരു ശക്തിയാണ് ഇത് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഉദാഹരണം പല അവതാര പുരുഷന്മാരെയോ ഐതിഹാസിക പുരുഷന്മാരെയോ ഒന്നും ആയിരുന്നില്ല നമ്മളെപ്പോലെ തന്നെയുള്ള ഒരാള് തഞ്ചാവൂരിലെ ഒരു ജാനകിയമ്മ ആ അമ്മയ്ക്ക് ഗുരുവന്റെ ഉപദേശം കൊണ്ട് സ്വന്തം ശരീരത്തെ വ്യവഹാരത്തിനുവേണ്ടി എറിഞ്ഞുകൊടുക്കാൻ സാധിച്ചു എന്ന അദ്ദേഹം പറഞ്ഞു തഞ്ചാവൂരിലെ ഒരു ജാനകി അമ്മയ്ക്ക് ഇത് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും മട്ടാഞ്ചേരിയിലെ നമുക്കും ഇത് സാധിക്കണം എന്ന് സൂചന രണ്ടാമതായിട്ട് സ്വധർമ്മത്തിൽ കൈകടത്താതിരിക്കുന്നതാണ് കർമ്മയോഗത്തിന്റെ വേറൊരു അപ്രോച്ച് എന്നദ്ദേഹം പറഞ്ഞു നമ്മുടെ സ്വാഭാവികമായിട്ട് സ്വധർമ്മം എന്താണോ ഉത്തരവാദിത്തം എന്താണോ കർത്തവ്യ കർമ്മമെന്താണോ വിഹിത കർമ്മമെന്താണോ അതിൽ നമ്മൾ ഒരിക്കലും കൈകടത്താൻ പാടില്ല തടസ്സം ചെയ്യാൻ പാടില്ല ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല എന്ന് പറയാനായിട്ട് വളരെ ലളിതമായിട്ടുള്ള ഉദാഹരണം പറഞ്ഞു പൂച്ചക്കുട്ടിയെ പിടിച്ച് വെജിറ്റേറിയനാക്കാൻ ശ്രമിക്കരുത് എന്നുള്ള ഉദാഹരണമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് നമുക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിച്ചു വളരെ പ്രയോജനം ചെയ്തു ഉദാഹരണങ്ങൾ മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞു കർത്തൃബോധമില്ലാതെ കർമ്മം ചെയ്യലാണ് കർമ്മയോഗം ഇതൊരു ഡിബേറ്റബിൾ സബ്ജക്റ്റാണ് കർത്തൃ ഭാവം ഇല്ലാണ്ട് കർമ്മം ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ ഐ ഫീലിംഗ് ഇല്ലാണ്ട് എങ്ങനെ കർമ്മം ചെയ്യാൻ സാധിക്കും രാജസൂയ അദ്ദേഹം അവിടെ ഉദാഹരണമായിട്ട് കൊണ്ടുവന്നത് രാജസൂയാഗം ചെയ്യുന്ന സമയത്ത് യുധിഷ്ഠിരൊരു പ്രശ്നമുണ്ടായിരുന്നു അവിടെ ഒരു കശാപ്പ് നടന്നു അദ്ദേഹം വല്ലാതെ പ്രയാസപ്പെട്ടു ഒരു അമംഗളമായ കാര്യം അവിടെ നടന്നു നടന്നു അത് പറഞ്ഞപ്പോൾ വ്യാസമനി ഉപദേശിച്ചു ഹേ യുധിഷ്ഠിര ഇവിടെ കശാപ്പ് തടങ്ങിയിട്ടേയുള്ളൂ ഇനി കശാപ്പുകളുടെ നീണ്ട പട്ടിക വരാനിരിക്കുന്നു അതിനെ സ്വയം തയ്യാറെടുത്തുള്ളൂ ആന്തരികമായിട്ട് ആത്മബോധത്തിനിരിക്കുകയാണെങ്കിൽ വ്യവഹാരിക ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മളെ ഒറ്റും ലെവലേഷം നമ്മളെ പ്രയാസപ്പെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് യുധിഷ്ഠരന് ആ ഉപദേശം കൊടുത്തു മാത്രമല്ല ഈ വ്യവഹാര ജീവിതവും ആത്മീയ ജീവിതവും തമ്മിലുള്ള ആ ബാലൻസ് ആ പ്രപ്പോർഷൻ എങ്ങനെ മെയിന്റയിൻ ചെയ്യണം എന്നുള്ള കാര്യം കൂടി ആ ദിവസം അദ്ദേഹം വിശദമായിട്ട് പറയുകയുണ്ടായി രാവിലെ എടുത്ത വിഷയം ദക്ഷിണാമൂർത്തി സ്തോത്രം അതിലെ രണ്ട് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളെ എഴുതും കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ലോകം ലോകം നമ്മൾ ഒരുപാട് ടെൻഷനടിക്കുന്ന ഈ വ്യവഹാര ലോകം അത് കണ്ണാടിക്കകത്ത് കാണുന്ന ഒരു റിഫ്ലക്ഷൻ പോലെ മാത്രമാണ് ഒരു കുടത്തിന്റെ വെച്ചിരിക്കുന്ന ദീപത്തിന്റെ പുറത്തേക്കൊഴുകുന്ന ഒരു പ്രകാശം പോലെ മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ ഈ പുറം ലോകത്തിന് ഒരു ശതമാനം പ്രാധാന്യമുണ്ടെങ്കിൽ ഈ അകം ലോകത്തിനാണ് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം പ്രാധാന്യം നമ്മളിപ്പോൾ ചെയ്യേണ്ടത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം പ്രാധാന്യമുള്ള ആ കാര്യത്തെ മുഴുവൻ വിസ്മരിച്ച് ഈ ഒരു മാത്രം പ്രസക്തിയുള്ള വിഷയങ്ങളുടെ പുറകെ നെട്ടോട്ട് മോടി പൌഡറിട്ട് തേച്ചു മിനുക്കി സമയം വെറുതെ പാഴാക്കുന്ന ഒരു ചിത്രം വരച്ച് കാണിച്ചു നമ്മുടെ ആ പ്രപ്പോഷൺ മാറ്റേണ്ടിയിരിക്കുന്നു ഒരു ശതമാനം പുറത്തെ കാര്യങ്ങളിലും തൊണ്ണൂറ്റിയമ്പത് ശതമാനം ഇമ്പോർട്ടൻസ് പ്രാധാന്യം അകത്തും കൊടുക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ പ്രപ്പോഷൺ ആ ബാലൻസ് റീബാലൻസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം പ്രത്യേകിച്ചടുത്ത് പറയുകയുണ്ടായി നാലാമതായിട്ട് കർമ്മത്തെ മുഴുവനും എങ്ങനെ പൂജയാക്കി മാറ്റാം അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ച പല ആശയങ്ങളും ഉണ്ടായിരുന്നു പ്രധാനമായിട്ട് എങ്ങനെ കർമ്മത്തെ നമുക്ക് യജ്ഞമാക്കി മാറ്റാൻ സാധിക്കും വളരെ സിമ്പിൾ ടിപ്സാ തന്നത് യജ്ഞമാക്കണമെങ്കിൽ ലളിതമാണ് യജ്ഞത്തെക്കുറിച്ച് ഒരുപാട് ആശയങ്ങൾ അദ്ദേഹം തരികയുണ്ടായി അതിപ്രധാനമായിട്ട് പരാർത്ഥമായിട്ട് കർമ്മം ചെയ്യുക പരഹിതമായിട്ട് കർമ്മം ചെയ്യുക പങ്കാളിത്ത മനോഭാവത്തോടുകൂടി കർമ്മം ചെയ്യുക ബാക്കിയുള്ളവർക്ക് അർഹതപ്പെട്ടത് കൊടുത്തിട്ട് നമുക്ക് അർഹതപ്പെട്ടത് മാത്രം നമ്മൾ സ്വീകരിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതെങ്ങനെ അറിയാൻ സാധിക്കും ഞാൻ യജ്ഞം ചെയ്തോ ഇല്ലയോ എന്നാണ് ചോദ്യമെങ്കിൽ യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അനുഭൂതി എന്തായിരിക്കും എന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞു മനസ്സിൽ ഒരു കുളിർമയുണ്ടാകും ഒരു കൂൾനെസ് ഒരു കരുണ പ്രേമം വരും ശാന്തി വരും ആനന്ദം വരും ഇതൊക്കെയാണ് യജ്ഞം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈവരുന്ന അഡ്വാൻറ്റേജസ് ഇതാണൊരു ടെസ്റ്റാണത് ലിറ്റ്നസ് ടെസ്റ്റാണത് ഞാൻ യജ്ഞം ചെയ്തതോ ഇല്ലയോ എന്നറിയാനായിട്ട് അടുത്തതായിട്ട് അദ്ദേഹം പറഞ്ഞു ഈ യുധിഷ്ഠിരനെ കൊടുത്ത ഉപദേശത്തിൽ ഈ കർതൃബോധമില്ലാതെ കർമ്മം ചെയ്യണമെങ്കിലുള്ള എളുപ്പ വഴി അഭിമാനവും അപമാനവും ഇല്ലാണ്ട് കർമ്മം ചെയ്യാൻ ശീലിക്കുക അപ്പൊ നമുക്ക് സ്വധർമ്മത്തെ ആചരിക്കാൻ വളരെ എളുപ്പമായിരിക്കും എന്നും കൂടി പറയുകയുണ്ടായി അവസാനത്തെ ഡയമെൻഷൻ അദ്ദേഹം പറഞ്ഞത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നമുക്ക് ഈ ആത്മബോധമുണ്ടായിരിക്കണം ഇത് ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോലെ നോട്ടുപുസ്തകത്തിൽ കുറിച്ചിട്ടിട്ട് വീട്ടിൽ പോയിട്ട് ഹോംവർക്ക് ചെയ്ത് പഠിക്കാനുള്ളതല്ല ഇത് അല്ലെങ്കിൽ ടൈപ്പ് റെക്കോർഡിലെടുത്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഇട്ട് നോക്കേണ്ട കാര്യമല്ല ആലോചിച്ച് പിന്നെ എപ്പോഴെങ്കിലും കിട്ടേണ്ടതല്ല ഇത് കിട്ടണമെങ്കിൽ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ ഇന്നത് കിട്ടാനും പോകുന്നില്ല അതുകൊണ്ട് ഈ ശ്രവണ മാത്രയിൽ തന്നെ ഞൊടിയിട കൊണ്ട് തന്നെ ഈ ആത്മാനുഭൂതി ഈ പൂർണ്ണാനുഭൂതി വെച്ചും കൊണ്ട് അപൂർണമായിട്ടുള്ള ലോകത്തിലുള്ള വ്യവഹാരം ആ അപൂർണതയെ ശ്രമിക്കാതെ ആ പൂർണ്ണതാ ബോധത്തിൽ തന്നെ ആ ഒരു ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ആ ഒരു നിമിഷ മാത്രയിൽ തന്നെ ഞൊടിയിടയിൽ തന്നെ നമുക്ക് ആ ബോധം ണ്ടാക്കിയെടുക്കുക ആ ബോധത്തിലേക്ക് നമ്മൾ പോവുക അദ്ദേഹം ശ്രീ ബുദ്ധഭഗവാന്റെ ഉദാഹരണം പറഞ്ഞു ബുദ്ധഭഗവാന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിട്ടുള്ള ശ്രീ ആനന്ദൻ നാൽപ്പത് വർഷമായിട്ട് ബുദ്ധന്റെ കൂടെ ഉണ്ടായിട്ട് പോലും ഈ ആത്മാനുഭൂതി ആ ഒരു ആത്മരസത്തിന്റെ അനുഭൂതി അദ്ദേഹത്തിന് കിട്ടിയില്ല പക്ഷേ ഇടയ്ക്കും തലയ്ക്കുമൊക്കെ ബുദ്ധഭഗവാനെ കണ്ടുവന്നിട്ട് കുറച്ചു നേരം ഒക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന പലർക്കും ഈ ആത്മാനുഭൂതി ഉണ്ടായി അതെന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ ബുദ്ധഭഗവാൻ പറഞ്ഞത് നീ നോക്കിയത് എന്റെ ശരീരത്തിലാണ് അവരൊക്കെ നോക്കിയത് ആ ഭാവത്തിലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോ തന്നെ ശിഷ്യനെ കാര്യം പിടികിട്ടി ഈ ഒരാഴ്ച മുമ്പ് ഇവിടെ കയറി വരുന്ന ആൾക്കൊരുപക്ഷെ തോന്നിക്കാണും കർമ്മത്തിലാണ് ഈ കാര്യം മുഴുവൻ കടക്കണതെന്നും പറഞ്ഞിട്ട് പക്ഷെ ഇപ്പോൾ നമുക്കൊക്കെ തോന്നിക്കാണും കർമ്മത്തിൽ കാര്യമേ ഇല്ല എന്നുള്ളത് തസ്യ കാര്യം ന വിദ്യതേ കാര്യമേ ഇല്ലാതെ കർമ്മം ചെയ്യാൻ സാധിക്കുന്നതാണ് കർമ്മയോഗം എന്നുള്ള അവസ്ഥ നമുക്ക് വേണമെങ്കിൽ ധ്യാനിക്കാനായിട്ട് രണ്ടു മൂന്ന് പദപ്രയോഗങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞു തന്നു ആയിട്ടുള്ള ആ ഒരു ബോധം നമ്മളിൽ വരിക എന്നുള്ളതിനുള്ള ശാസ്ത്രത്തിലെ പദങ്ങൾ പ്രത്യപിജ്ഞ എന്നൊരു പദം പറഞ്ഞു സഹജ നിർവികൽപ്പം എന്നൊരു പദം പറഞ്ഞു ആത്മാനുസന്ധം ചെയ്യും തോറും നമുക്ക് ഈ സഹജമായിട്ടുള്ള നിർവികാരവസ്ഥ വരുമെന്നും ഈ ഒരു പ്രത്യപിജ്ഞ വരുമെന്നും അത് തന്നെയാണ് ഈ കർമ്മയോഗ തത്വത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള രഹസ്യമെന്നും പറഞ്ഞതെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ ഈ തലവേദന എന്നുള്ളത് എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയിലേക്ക് കടക്കാനായിട്ട് ഇദ്ദേഹം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ആവേശം നിറഞ്ഞതായിരുന്നു അനുഗ്രഹം നിറഞ്ഞതായിരുന്നു ഈ അനുഗ്രഹം കൊണ്ട് ഇവിടെയുള്ള എല്ലാ ശ്രോതാക്കൾക്കും ഈ കർമ്മയോഗത്തിന്റെ അതിനിഗൂഢമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള വളരെ എളുപ്പമായിട്ടുള്ള ഈ ആത്മാനുഭൂതിയിൽ തന്നെ ഇരുന്ന് ജീവിക്കാനുള്ള ഒരു സാമർത്ഥ്യം ശക്തി അനുഗ്രഹം ഈശ്വര കൃപ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ജഗദീശിനോട് പ്രാർത്ഥിച്ചും നമ്മുടെ എല്ലാ പരിമിതികളെയും മജ്ഞാനങ്ങളെയും ഈ വ്യാസപീഠത്തിൽ അർപ്പിച്ചും കൊണ്ട് ഈ യജ്ഞകുണ്ടത്തിൽ അർപ്പിച്ചും പ്രസാദമായിട്ട് നമുക്കെല്ലാവർക്കും ഈ ഒരു ആത്മാവിഷ്കാരം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ജഗദീഷിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ നമുക്ക് വീണ്ടും കാത്തിരിക്കാം ജനുവരി മാസം ഇദ്ദേഹം വീണ്ടും വരുന്നു ഒരുപാട് പേർക്ക് പല പല സംശയങ്ങളും ഉണ്ടായിരുന്നു ഈ സംശയക്കാരേക്ക് ഇദ്ദേഹത്തിനടുത്ത് പറഞ്ഞയക്കണമെന്ന് ഞാൻ ആലോചിച്ചു പക്ഷെ പറഞ്ഞയച്ചാൽ അദ്ദേഹത്തിന് കൊച്ചി ഇന്ന് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാനത് ചെയ്തില്ല ഇദ്ദേഹം വീണ്ടും വരുന്നുണ്ട് പല ആൾക്കാരും ഫീഡ്ബാക്ക് തന്നു ഈ സദസ്സിൽ ചെറുപ്പക്കാരും കുറെ വരുന്നുണ്ടല്ലോ സാധാരണ ഇത്തരം പരിപാടികൾക്ക് മുടി നരച്ചവരെ മാത്രമേ കാണാൻ സാധിക്കാറുള്ളൂ പക്ഷേ ഇവിടെ ഒരുപാട് കറുത്ത മുടിയുള്ളവരെയും ഒരുപാട് കാണുന്നുണ്ട് ഒരുപക്ഷേ ഇദ്ദേഹം കൊടുക്കുന്ന സാധനം ഒറിജിനൽ സാധനമായതുകൊണ്ടായി കാരണം പിള്ളേർക്കൊക്കെ വേണ്ടത് ഒറിജിനൽ സാധനങ്ങളാണ് എന്നാലേ അവർ വരുള്ളൂ അതുകൊണ്ടായിരിക്കും ഇവിടെ ഒരുപാട് ചെറുപ്പക്കാരും വന്ന് ഈ യജ്ഞത്തിൽ പങ്കുകൊണ്ട് ഈ ഒരു ആത്മാനുഭൂതിക്ക് പാത്രീഭൂതരാകാൻ വേണ്ടിയുള്ള ഒരു അവസരം ഭഗവാൻ അവർക്ക് ഒരുക്കിക്കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി നമസ്കാരം ഓഗ്രഹ്യേട്യയുജത്തെ ഇമാനതാകും സംഗ്രേ ദ്വാദാരത്നേരജനഭവദേ ദ് ദ്വാദമാതത്സര വരുന്ദേ മൗഞ്ജവേ ഊർജൈമുഞ്ഞ്ജർജമേവാവരുന്ദ ചിത്രനക്ഷത്രം ചിത്രം ധർമ്മ യമേദൈ